അവർ നരകാഗ്നിയുടെ മുന്നിൽ നിർത്തപ്പെട്ടാൽ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാതെ വിശ്വസിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി ഞങ്ങളെ തിരിച്ചുവിട്ടുകയാണെങ്കിൽ എത്ര നന്നായേനെ